അവർ യൂസഫലൈ ഇസ്ലാമിന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തൻറെ സഹോദരനെ തന്നിലേക്ക് ചേർത്തു അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ നിന്റെ സഹോദരനാണ് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല